Unit 11 Lesson 42 stalam maattam enda nambiyare വിശേഷം തലസ്ഥാനം കാണാൻ വന്നോ കുറിപ്പ് മാസ്റ്റർക്ക് എപ്പോഴും തമാശയാ തമാശയല്ല കാര്യം തന്നെ താനിവിടെ വന്നിട്ട് കുറെ നാളായല്ലോ ഇപ്പോൾ എന്താ ഇത്ര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ കാരണം ഒരത്യാവശ്യമാ എന്താണത് എന്റെ വൈഫിന്റെ സ്ഥലം മാറ്റ കാര്യമാ എന്നിട്ടെന്തായി ഒക്കെ ശരിയായോ എങ്ങനെ ശരിയാകാണ് പലരെയും കാണേണ്ടി വന്നു ഇന്ന് രാവിലെ ആ വകുപ്പ് സെക്രട്ടറിയെ പോലും പോയി ഉപദ്രവിക്കേണ്ടി വന്നു അദ്ദേഹം എന്തു പറഞ്ഞു പതിവ് സമാധാനം തന്നെ മിസ്റ്റർ നമ്പ്യാർ എന്നെ കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല മന്ത്രിയെ പോയി കാണണം അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കണ്ട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അറിയിക്കൂ കാര്യം ശരിയാകും അതനുസരിച്ച് താൻ മന്ത്രിയുടെ വീട്ടിലും പോയോ വീട്ടിൽ പോകാൻ പറ്റിയില്ല സെക്രട്ടേറിയറ്റിൽ പോയി എന്നിട്ട് അദ്ദേഹത്തെ കാണാൻ തരപ്പെട്ടോ അത് അത്ര എളുപ്പമാണോ അവിടെ ഒരു നൂറോളം പേരുണ്ടായിരുന്നു സന്ദർശന സമയം ഒരു മണിക്കൂർ മാത്രം ഞാൻ അവിടെ ഒരു ഒന്നര മണിക്കൂറിലധികം കാത്തുനിന്നിട്ടും എന്റെ മുറ വന്നില്ല അത് കഴിഞ്ഞ് മന്ത്രി പോയി പിന്നെ സന്ദർശകരെ പിരിച്ചയച്ചു എന്നാലും സെക്രട്ടേറിയറ്റ് വരെ പോയിട്ടും മന്ത്രിയെ കണ്ടില്ലല്ലോ വെറുതെ തിരിച്ചു വരേണ്ടി വന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു തന്റെ വാക്സാമർ ഒന്ന് കുറയ്ക്ക് നമുക്ക് പരിപാടി ഒന്ന് വിശദമാക്കാം താൻ തന്റെ ഭാര്യയുടെ ജോലി പ്രശ്നമൊക്കെ വിവരിച്ചൊന്ന് പറ ഞാനൊന്ന് ശ്രമിക്കാം അതെങ്ങനെ മാസ്റ്റർക്ക് ആ മന്ത്രിയുടെ ആൾക്കാരെ നല്ല പിടിയുണ്ടോ ആ മന്ത്രി തന്നെ വേണോ കാര്യം സാധിക്കാൻ നമുക്ക് എത്ര മന്ത്രിമാരുണ്ട് താൻ അതൊന്നും അറിയണ്ട വിവരങ്ങളൊക്കെ ഒന്ന് പറിസൺ ആൻഡ് റിപ്പീറ്റ് എന്താ നമ്പിയാലെ വിശേഷം എന്താ നമ്പിയാലെ വിശേഷം ം കാണാൻ വന്നോ തലസ്ഥാനം കാണാൻ വന്നോ കുറുപ്പ് മാസ്റ്റർക്ക് എപ്പോഴും തമാശയ കുറുപ്പ് മാസ്റ്റർക്ക് എപ്പോഴും തമാശയ തമാശയല്ല കാര്യം തന്നെ തമാശയല്ല കാര്യം തന്നെ തവിടെ വന്നിട്ട് കുറെ നാളായല്ലോ താൻ ഇവിടെ വന്നിട്ട് കുറെ നാളായല്ലോ ഇപ്പോൾ എന്താ ഇത്ര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ കാരണം ഇപ്പോൾ എന്താ ഇത്ര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ കാരണം ഒരത്യാവശ്യമാ ഒരത്യാവശ്യമാ എന്താണത് എന്താണത് എന്റെ വൈഫിന്റെ സ്ഥലം മാറ്റക്കാരിമാ എന്റെ വൈഫിന്റെ സ്ഥലം മാറ്റക്കാരിമാ എന്നിട്ട് എന്തായി ഒക്കെ ശരിയായോ എന്നിട്ട് എന്തായി ഒക്കെ ശരിയായോ എങ്ങനെ ശരിയാകാനാ എങ്ങനെ ശരിയാകാനാ പലരെയും കാണേണ്ടി പലരെയും കാണേണ്ടി വന്നു ഇന്നു രാവിലെ ആ വകുപ്പ് സെക്രട്ടറിയെ പോലും പോയി ഉപദ്രവിക്കേണ്ടി വന്നു ഇന്നു രാവിലെ ആ വകുപ്പ് സെക്രട്ടറിയെ പോലും പോയി ഉപദ്രവിക്കേണ്ടി വന്നു അദ്ദേഹം അദ്ദേഹം എന്തു പറഞ്ഞു പതിവ് സമാധാനം തന്നെ പതിവ് സമാധാനം തന്നെ മിസ്റ്റർ നമ്പ്യാർ എന്നെ കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല മിസ്റ്റർ ദമ്പ്യാർ എന്നെ കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല മന്ത്രിയെ പോയി കാണണം മന്ത്രിയെ പോയി കാണണം അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കണ്ട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അറിയിക്കൂ അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കണ്ട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അറിയിക്കൂ കാര്യം ശരിയാകും കാര്യം ശരിയാകും അതനുസരിച്ച് താൻ മന്ത്രിയുടെ വീട്ടിലും പോയോ അതനുസരിച്ച് താൻ മന്ത്രിയുടെ വീട്ടിലും പോയോ വീട്ടിൽ പോകാൻ പറ്റിയില്ല വീട്ടിൽ പോകാൻ പറ്റിയില്ല സെക്രട്ടേറിയറ്റിൽ പോയി സെക്രട്ടേറിയറ്റിൽ പോയി എന്നിട്ട് അദ്ദേഹത്തെ കാണാൻ തരപ്പെട്ടോ എന്നിട്ട് അദ്ദേഹത്തെ കാണാൻ തരപ്പെട്ടോ അതത്ര എളുപ്പമാണോ അത് അത്ര അവിടെ ഒരു നൂറോളം പേരുണ്ടായിരുന്നു അവിടെ ഒരു നൂറോളം പേരുണ്ടായിരുന്നു സന്ദർശന സമയം ഒരു മണിക്കൂർ മാത്രം സന്ദർശന സമയം ഒരു മണിക്കൂർ മാത്രം ഞാൻ അവിടെ ഒരൊന്നര മണിക്കൂറിലധികം കാത്തുനിന്നിട്ടും എന്റെ മുറ വന്നില്ല ഞാനവിടെ ഒരൊന്നര മണിക്കൂറിലധികം കാത്തുനിന്നിട്ടും എന്റെ മുറ വന്നില്ല അത് കഴിഞ്ഞ് മന്ത്രി ഒരു യോഗത്തിനു പോയി അത് കഴിഞ്ഞ് മന്ത്രി ഒരു യോഗത്തിനു പോയി പിന്നെ സന്ദർശകരെ പിരിച്ചയച്ചു പിന്നെ സന്ദർശകരെ പിരിച്ചയച്ചു എന്നാലും സെക്രട്ടേറിയറ്റ് വരെ പോയിട്ടും താൻ മന്ത്രിയെ കണ്ടില്ലല്ലോ എന്നാലും സെക്രട്ടേറിയറ്റ് വരെ പോയിട്ടും െ കണ്ടില്ലല്ലോ വെറുതെ തിരിച്ചു വരേണ്ടി വന്നു വെറുതെ തിരിച്ചു വരേണ്ടി വന്നു പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു അവിടെ തങ്ങാൻ പറ്റുമോ അവിടെ തങ്ങാൻ പറ്റുമോ അത് ഹോട്ടലോ വീടോ ഒന്നുമല്ലല്ലോ അത് ഹോട്ടലോ വീടോ ഒന്നുമല്ലോ ശരി ശരി തന്റെ വാക്സാമർഥ്യം ഒന്ന് കുറയ്ക്ക് ശരി ശരി തന്റെ വാക്സാമർഥ്യം ഒന്ന് കുറയ്ക്ക് നമുക്ക് പരിപാടിയൊന്ന് വിശദമാക്കാം നമുക്ക് പരിപാടിയൊന്ന് വിശദമാക്കാം താൻ തൻ്റെ ഭാര്യയുടെ ജോലി പ്രശ്നമൊക്കെ വിവരിച്ചൊന്നു പറയയുടെ ജോലി പ്രശ്നമൊക്കെ വിവരിച്ചൊന്ന് പറ ഞാനൊന്ന് ശ്രമിക്കാം ഞാനൊന്ന് ശ്രമിക്കാം അതെങ്ങനെ അതെങ്ങനെ മാസ്റ്റർക്ക് ആ മന്ത്രിയുടെ ആൾക്കാരെ നല്ല പിടിയുണ്ടോ മാസ്റ്റർക്ക് ആ മന്ത്രിയുടെ ആൾക്കാരെ നല്ല പിടിയുണ്ടോ മന്ത്രി തന്നെ വേണോ ആ മന്ത്രി തന്നെ വേണോ കാര്യം സാധിക്കാൻ നമുക്ക് എത്ര മന്ത്രിമാരുണ്ട് കാര്യം സാധിക്കാൻ നമുക്ക് എത്ര മന്ത്രിമാരുണ്ട് താൻ അതൊന്നും അറിയണ്ട താൻ അതൊന്നും അറിയണ്ട വിവരങ്ങളൊക്കെ ഒന്ന് പറ വിവരങ്ങളൊക്കെ ഒന്ന് പറ ഡ്രിൽസ് റെപ്പിറ്റേഷൻ ഡ്രിൽ വിടെ വന്നിട്ട് കുറെ നാൾ ആയി താൻ ഇവിടെ വന്നിട്ട് കുറെ നാളായി രാവിലെ എണീറ്റ് കാപ്പി കുടിച്ചു രാവിലെ എണീറ്റ് കാപ്പി കുടിച്ചു മുഖം കഴുകിയിട്ട് അയാൾ നടക്കാൻ പോയി മുഖം കഴുകിയിട്ട് അയാൾ നടക്കാൻ പോയിട്ട് മന്ത്രിയെ കണ്ടില്ല അവിടം വരെ പോയിട്ട് മന്ത്രിയെ കണ്ടില്ല അവിടം വരെ പോയിട്ടും മന്ത്രിയെ കണ്ടില്ല അവിടം വരെ പോയിട്ടും മന്ത്രിയെ കണ്ടില്ല എന്നെ കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നെ കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നെ കണ്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല എന്നെ കണ്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല ഈ കാര്യത്തിനു വേണ്ടി പലരെയും കാണേണ്ടി വന്നു ഈ കാര്യത്തിനു വേണ്ടി പലരെയും കാണേണ്ടി വന്നു അച്ഛനെപ്പോലും ഉപദ്രവിക്കേണ്ടി വന്നു അച്ഛനെപ്പോലും ഉപദ്രവിക്കേണ്ടി വന്നു ഒരിക്കൽ സത്യം പറയേണ്ടി വരും ഒരിക്കൽ സത്യം പറയേണ്ടി വരും ബിൽഡപ്ഡ്രിൽ മോഡൽ പോയി മകന് ചോറ് കൊടുത്തിട്ട് തുണിയൊക്കെ നനയ്ക്കാൻ പോയി അമ്മ മകന് ചോറ് കൊടുത്തിട്ട് തുണിയൊക്കെ നനയ്ക്കാൻ പോയി നൗ ഫോളോ ദോഡൽ പറ്റൂ തുടങ്ങാൻ തുടങ്ങാൻ പറ്റൂ കാര്യവും കാര്യവും തുടങ്ങാൻ പറ്റൂ നല്ല നല്ല കാര്യവും തുടങ്ങാൻ പറ്റൂ ഏത് ഏത് നല്ല കാര്യവും തുടങ്ങാൻ പറ്റൂർ ഓർമ്മിച്ചിട്ട് ഏത് നല്ല കാര്യവും തുടങ്ങാൻ പറ്റൂ അമ്മയെയും അമ്മയെയും ഓർമ്മിച്ചിട്ട് ഏത് നല്ല കാര്യവും തുടങ്ങാൻ പറ്റൂ അച്ഛനെയും അമ്മയേയും ഓർമ്മിച്ചിട്ട് ഏത് നല്ല കാര്യവും തുടങ്ങാൻ പറ്റൂ അവൾക്ക് അവൾക്ക് അച്ഛനെയും അമ്മയെയും ഓർമ്മിച്ചിട്ട് ഏതു നല്ല കാര്യവും തുടങ്ങാൻ പറ്റൂ പാടുന്നില്ല അവൾ അവൾ പാടുന്നില്ല പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അവൾ പാടുന്നില്ല അവരൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടും അവൾ പാടുന്നില്ല കൊടുത്തില്ല മാപ്പ് മാപ്പ് കൊടുത്തില്ല അയാൾ പ്പ് കൊടുത്തില്ല അവർക്ക് അയാൾ മാപ്പ് കൊടുത്തില്ല അപേക്ഷിച്ചിട്ടും പേക്ഷിച്ചിട്ടും അവർക്ക് അയാൾ മാപ്പ് കൊടുത്തില്ല കരഞ്ഞ് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർക്ക് അയാൾ മാപ്പ് കൊടുത്തില്ല എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം കരഞ്ഞപേക്ഷിച്ചിട്ടും അവർക്ക് അയാൾ മാപ്പ് കൊടുത്തില്ല വരുന്നു പോകേണ്ടി പോകേണ്ടി വരുന്നു ജോലിക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നു മുൻപുതന്നെ മുൻപുതന്നെ ജോലിക്ക് പോകേണ്ടി വരുന്നു മണിക്ക് ഏഴ് മണിക്ക് മുൻപു തന്നെ ജോലിക്ക് പോകേണ്ടി വരുന്നു പണിയെല്ലാം തീർത്തിട്ട് പണിയെല്ലാം തീർത്തിട്ട് ഏഴുമണിക്ക് മുൻപ് തന്നെ ജോലിക്ക് പോകേണ്ടി വരുന്നു വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് ഏഴ് മണിക്ക് മുൻപ് തന്നെ ജോലിക്ക് പോകേണ്ടി വരുന്നു അതിരാവിലെ അതിരാവിലെ വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് ഏഴുമണിക്ക് മുൻപ് തന്നെ ജോലിക്ക് പോകേണ്ടി വരുന്നു പോയി നടക്കാൻ നടക്കാൻ പോയി അയാൾ അയാൾ നടക്കാൻ പോയി ബെഡ് കോഫി കുടിച്ചിട്ട് ബെഡ്കോഫി കുടിച്ചിട്ട് അയാൾ നടക്കാൻ പോയി കുളിച്ച് കുളിച്ച് ബെഡ് കോഫി കുടിച്ചിട്ട് അയാൾ നടക്കാൻ പോയി പല്ലു തേച്ച് പല്ലു തേച്ച് കുളിച്ച് ബെഡ് കോഫി കുടിച്ചിട്ട് അയാൾ നടക്കാൻ പോയി എണീറ്റ് ണീറ്റ് പല്ല് തേച്ച് കുളിച്ച് ബെഡ് കോഫി കുടിച്ചിട്ട് അയാൾ നടക്കാൻ പോയി അതിരാവിലെ അതിരാവിലെ എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് ബെഡ് കോഫി കുടിച്ചിട്ട് അയാൾ നടക്കാൻ പോയി സബ്സ്റ്റിറ്റ്യൂഷൻഡ്രിൽ ആ സംഭവം ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല ആ കാര്യം ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല വിവരം ആ വിവരം ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല കഥ ആ കഥ ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല വിഷയം ആ വിഷയം ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല കുഞ്ഞിനെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കരുത് അടിച്ചിട്ട് കുഞ്ഞിനെ അടിച്ചിട്ട് പിന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കരുത് വഴക്കു പറഞ്ഞിട്ട് കുഞ്ഞിനെ വഴക്കു പറഞ്ഞിട്ട് പിന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കരുത് അവരോട് ചോദിച്ചിട്ട് നീ അത് ിട്ട് അവരോട് അപേക്ഷിച്ചിട്ട് നീ അതെടുക്കണം പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് നീ അതെടുക്കണം സംസാരിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് നീ അതെടുക്കണം അപ് ഡ്രിൽ മോഡൽ വൺ അവൾ വന്നിട്ടും അയാൾ സംസാരിച്ചില്ല അവൾ വന്നു പക്ഷെ അയാൾ സംസാരിച്ചില്ല നൗ ഫോളോ ദോഡൽ ഞാൻ അവിടം വരെ പോയിട്ടും അദ്ദേഹത്തിനെ കണ്ടില്ല ഞാൻ അവിടം വരെ പോയി പക്ഷേ അദ്ദേഹത്തിനെ കണ്ടില്ല അദ്ദേഹം ചോദ്യം ചോദിച്ചിട്ടും അവൾ ഉത്തരം പറഞ്ഞില്ല അദ്ദേഹം അവളോട് ചോദ്യം ചോദിച്ചു പക്ഷേ അവൾ ഉത്തരം പറഞ്ഞില്ല അവർ കത്തയച്ചിട്ടും അദ്ദേഹം മറുപടി എഴുതിയില്ല അവർ അദ്ദേഹത്തിന് കത്തയച്ചു പക്ഷേ അദ്ദേഹം മറുപടി എഴുതിയില്ല ചോറുണ്ടിട്ടും മോഹൻ കൈ കഴുകുകയില്ല മോഹൻ ചോറുണ്ടു പക്ഷേ മോഹൻ കൈ കഴുകുകയില്ല വെള്ളം ചോദിച്ചിട്ടും കൊടുത്തില്ല വെള്ളം ചോദിച്ചു പക്ഷെ വെള്ളം കൊടുത്തില്ല മോഡൽ ടു അവളെ കണ്ടു കാര്യം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അയാൾ തന്റെ ഇഷ്ടം പോലെ ചെയ്തു അയാൾ അവളെ കണ്ടു അയാൾ അവളോട് കാര്യം ചോദിച്ചു അയാൾ കാര്യം മനസ്സിലാക്കി അയാൾ തന്റെ ഇഷ്ടം പോലെ ചെയ്തു മോഡൽ രാവിലെ എണീറ്റ് മുഖം കഴുകി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് അവൾ പാഠമെഴുതാൻ ഇരുന്നു അവൾ രാവിലെ എണീറ്റു അവൾ മുഖം കഴുകി അവൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചു അവൾ പാഠമെഴുതാൻ ഇരുന്നു മകനെ വിളിപ്പിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അയാൾ നാട്ടിനു പോയി മകനെ വിളിപ്പിച്ചു അയാൾ മകനോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു അയാൾ നാട്ടിന് വെളിയിൽ പോയി ഫോൺ വിളിച്ച് അനിയനെ വരുത്തി വീട്ടിൽ ആക്കിയിട്ട് അയാൾ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയി അയാൾ ഫോൺ വിളിച്ചു അയാൾ അനിയനെ വരുത്തി അയാൾ അനിയനെ വീട്ടിലാക്കി അയാൾ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയി മോഡൽ ത്രീ കുട്ടി പുതിയ പേന വാങ്ങിച്ചിട്ട് പാഠമൊക്കെ എഴുതുന്നു കുട്ടി പുതിയ പേന വാങ്ങിക്കുന്നു കുട്ടി പാഠമൊക്കെ ുന്നു നൗ പോളോ ദോഡൽ അമ്മയെ വിളിച്ച് കുഞ്ഞ് കരയുന്നു അമ്മയെ വിളിക്കുന്നു കുഞ്ഞ് കരയുന്നു പട്ടിയെ കൊണ്ടുവന്നിട്ട് പോലീസുകാർ കള്ളനെ പിടിക്കുന്നു പട്ടിയെ കൊണ്ടുവരുന്നു പോലീസുകാർ കള്ളനെ പിടിക്കുന്നു അവർ വെറുതെ പച്ചക്കറി വേവിച്ചു തിന്നുന്നു അവർ വെറുതെ പച്ചക്കറി വേവിക്കുന്നു അവർ തിന്നുന്നു മോഡൽ ഫോർ അവർ അമ്മയെ ഓർത്തു കരയും അവർ അമ്മയെ ഓർക്കും അവർ കരയും നൌ ഫോളോ ദോഡൽ അവർ ഇവിടെ വന്ന് നിന്നെ കാണും അവർ ഇവിടെ വരും അവർ നിന്നെ കാണും കള്ളക്കടത്തുകാർ ഓഫീസർമാർക്ക് പണം കൊടുത്ത് സർക്കാരിന് പറ്റിക്കും കള്ളക്കടത്തുകാർ ഓഫീസർമാർക്ക് പണം കൊടുക്കും കള്ളക്കടത്തുകാർ സർക്കാരിനെ പറ്റിക്കും മധു കാപ്പി കുടിച്ചിട്ട് വെളിയിൽ പോകും മധു കാപ്പി കുടിക്കും മധു വെളിയിൽ പോകും ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ അവൻ പരീക്ഷ എഴുതി ജയിച്ചു അവൻ പരീക്ഷ എഴുതിയിട്ട് ജയിച്ചില്ല നൗ പോളത് മോഡൽ ഞങ്ങൾ ഹോട്ടലിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടില്ല അനേകം കവിതകൾ എഴുതി അയാൾ പ്രശസ്തനായി അനേകം കവിതകൾ എഴുതിയിട്ട് അയാൾ പ്രശസ്തനായില്ല സിനിമ കണ്ട് രാധ കരഞ്ഞു ആ സിനിമ കണ്ടിട്ട് രാധ കരഞ്ഞില്ല അയാൾ ജോലി തീർത്തു പോയി അയാൾ ജോലി തീർത്തിട്ട് പോയില്ല പഴയ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ഇവിടെ വന്നു പഴയ ജോലി ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഇവിടെ വന്നില്ല